ാണ് പറയുന്നത് ഈ ജന്മത്തിൽ കർമ്മം ഒന്നും ചെയ്തില്ലെങ്കിലും പൂർവജന്മത്തിൽ ചെയ്ത കർമ്മം കൊണ്ട് ചിത്തശുദ്ധി ഒന്നവന് വൈരാഗ്യം ഉണ്ടാകും അതുകൊണ്ട് ഈ ജന്മത്തിൽ കർമ്മം ചെയ്യേണ്ട കാര്യം വൈരാഗ്യം ഉണ്ടാക്കാൻ വേണ്ടി ചിത്തശുദ്ധിക്ക് വേണ്ടി കർമ്മം ചെയ്യേണ്ട ആവശ്യമില്ല എന്നർത്ഥം പൂർവജന്മത്തിലെ കർമ്മം കൊണ്ടേനെ ശ്രദ്ധിക്കും എനിക്കും ജനിക്കുമ്പം തന്നെ അവന് പൂർവ്വസംസ്കാരം കൊണ്ട് അവന് ചിത്തശുദ്ധിയും വൈരാഗ്യമൊക്കെ ഉണ്ടാവും കർമ്മം ചെയ്യണ്ട ജന്മനാൽ തന്നെ യോഗ്യതകളൊക്കെ ഉണ്ടാവും എന്നാണ് ഇമമേവ പുരുഷരേയ ഭേദം അധികൃത്യ പർവ്രതേശ്രുതി പുരുഷധൗരേയം എന്ന് വെച്ച പുൻ പുരുഷ്ടവിശേഷം ചില പ്രത്യേക വ്യക്തികൾ അവരെ അധികൃത്യ അവരെ സംബന്ധിച്ചാണ് ശ്രുതി പ്രഭു ശ്രുതി പരാമർശിക്കുന്നവരെ കുറിച്ചാണ് എങ്ങനെ പൂർവ്വജന്മത്തില് കർമ്മം ചെയ്ത് ചിത്തശുദ്ധി വന്നവരെ കുറിച്ച ശ്രുതി എന്ന് പറയുന്നു അവിടെ പറഞ്ഞിരിക്കുന്നു ഗ്രഹത് ഗ്രഹ ഗൃഹസ്ഥാശ്രമത്തെ സന്യസിക്ക പാനപ്രസത്തിൽ നിന്ന് സന്യസിക്കാം അല്ലെങ്കിൽ ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യസിക്കാം അപ്പൊ ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യസിക്കുക പറഞ്ഞാൽ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പം ബ്രഹ്മചര്യത്തിൽ കർമ്മം ഒന്നും ചെയ്യണ്ടേ അതായത് കർമ്മം ചെയ്ത് ചിത്തശുദ്ധി വരണമെന്നുണ്ടെങ്കിൽ അവൻ കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ആദ്യം ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നു ഗൃഹസ്ഥാശ്രമത്തിരുന്നുകൊണ്ടാണ് എന്ത് നിത്യ അഗ്നിഹോത്രം പോലെയുള്ള കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു ചിത്തശുദ്ധിക്ക് വേണ്ടി അപ്പോ ഗൃഹസ്ഥാശ്രമം വൈദികന്മാരെ സ്വീകരിക്കുന്നത് തന്നെ എന്തിനു വേണ്ടി നിത്യകർമ്മം ചെയ്യാനാണ് അഗ്നിഹോത്രം പോലെയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ചെയ്യുന്ന എന്തിന് ചിത്തശുദ്ധി ഒന്നായതുവരും വൈരാഗ്യം ഉണ്ടാകും വൈരാഗ്യം ഉണ്ടായാത് വരും നേരത്തെ പറഞ്ഞതുപോലെ സംസാരത്തെ മനസ്സിലാക്കും മനസ്സിലാക്കുമ്പോ അത് ഉപേക്ഷിക്കണമെന്ന് തോന്നും അതിന്റെ ആഗ്രഹം ഉണ്ടാകും അതിന്റെ ഉപായങ്ങൾ അന്വേഷിക്കും അപ്പൊ അതിനുവേണ്ടി പ്രവർത്തിക്കും അങ്ങനെ പോകും അപ്പൊ ഗൃഹസ്ഥാശ്രമത്തിലുള്ള പ്രവേശിച്ചാലേ കർമ്മം ചെയ്യാൻ പറ്റും ബ്രഹ്മചാരി എന്ന് പറഞ്ഞാൽ അവൻ എന്താ ചെയ്യുന്നത് അവൻ വേദം ഉപനയനം ചെയ്തിട്ടവൻ അതിന്റെ നിഷ്ഠയോട് കൂടി ഇരുന്ന് ഗുരുമുഖത്ത് നിന്ന് വേദം ചൊല്ലിപ്പടിക്കുകയാണ് അപ്പൊ അവനത് അധ്യയന കാലമാണ് അവൻ കർമ്മം ചെയ്യുന്ന സമയത് ഈ പറയുന്ന നമ്മളെ ബ്രഹ്മചര്യമായിട്ടൊന്നും കണക്കാക്കല്ല അതുമായിട്ടൊന്നും ഒരു ബന്ധമില്ല നമ്മളെവരൊക്കെ ചെയ്തതിനെ അനുകരിച്ചോരോന്ന് ഇങ്ങനെ കാട്ടിക്കൂട്ടുകയാണ് ബ്രഹ്മചരി എന്നു പറയുന്ന പഴയ രീതി അനുസരിച്ച് എന്ന് വെച്ചാൽ എന്താണ് അഞ്ചാമത്തെയോ ഏഴാമത്തെയോ ഒക്കെ വയസ്സിൽ ഉപനയനം ചെയ്തിട്ട് ഗുരു ചൊല്ലിത്തരുന്ന വേദം കേട്ട ഞാൻ ഓർപ്പിക്കുകയാണ് അഗ്രിമീലെ പുരോഹിതം എന്നൊക്കെ പറഞ്ഞതാണ് ബ്രഹ്മചാരിയുടെ ജോലി അയാള് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുമ്പോഴാണ് ധർമ്മ ആചരണം മുഖ്യമായിട്ടും തുടങ്ങുന്നത് അതിനും ബ്രഹ്മചാരിയുടെ വ്രതങ്ങളൊക്കെയുള്ളു ഗുരുസേവയും മറ്റുമൊക്കെയുള്ളു ുന്നു ചത്തേശ്വതിക്ക് വേണ്ടി അപ്പോ അങ്ങനെയാണെങ്കിൽ ബ്രഹ്മചര്യത്തിൽ നിന്ന് എങ്ങനെ സന്യസിക്കും കാരണം അയാൾ കർമ്മ ഒന്നും ചെയ്തില്ല കർമ്മം ചെയ്യണമെങ്കിൽ ഗ്രഹസ്ഥാശ്രമിയാകണ്ടേ അതാണ് ഇവിടെ നാലദ പരിപ്രാജകത്തിൽ പറഞ്ഞത് ആ ഒരാള് ബ്രഹ്മചര്യത്തിൽ വേദാധ്യയനം ചെയ്ത് വിവാഹം കഴിച്ച് ഗ്രഹസ്ഥാശ്രമം സ്വീകരിച്ച് അവിടെ ഇരുന്ന് കർമ്മം ചെയ്ത് അവിടെയൊന്നും സന്യസിക്കും അല്ലെങ്കിൽ കർമ്മങ്ങളൊന്നും ചെയ്യാതെ തന്നെ വേദാധ്യനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രഹ്മചാരിക്ക് സന്യസിക്കും അപ്പൊ ചോദ്യം വരൂ എങ്ങനെ ചിത്തശുദ്ധി വരും കർമ്മം ചെയ്തില്ലല്ലോ അവൻ കുറച്ചൊന്നു ഈ പറയുന്ന ആരെ കുറിച്ചാണ് പ്രത്യേകം മനസ്സിലാക്കുന്നു രാവണനെ കുറിച്ചാണ് ദളിതരുടെ സന്യാസത്തെ മനസ്സിലായ തെറ്റിദ്ധരിക്കരുത് അതാണ് ഇമമേ വച്ച പുരുഷധൗര്യ ഭേദം ചില വിശേഷ പുരുഷ ശ്രേഷ്ഠന്മാരെ കുറിച്ച് ശ്രുതി ശ്രുതി പരാമർശിക്കുന്നു എന്താണ് ഇനി മറിച്ചാണെങ്കിൽ എന്നുവെച്ചാൽ ഗ്രഹസ്ഥനോ ആനപ്രശ്നോ അല്ലെങ്കിൽ ഗൃഹാദ്വാഹസാശ്രമത്തിൽ വം ഇക്കാര്യമാണ് ഭാഷകാരം പറഞ്ഞത് കർമ്മ അവബോധാ പ്രാഗപിഅതീത വേദാന്ത ബ്രഹ്മജിജ്ഞാസ ഉപത്യ ഇത് ഭാഷമാണ് ഈ കർമ്മജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് എന്ന് വെച്ചാൽ കർമ്മജ്ഞാനവും കർമാനുഷ്ഠാനവും ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അതീത വേദാന്ത വേദാധ്യയനം ചെയ്യുന്നവനെന്നുവെച്ചാൽ ബ്രഹ്മചാരി ബ്രഹ്മചാരി ഇങ്ങനെയുള്ളാണ് വേദം അധ്യയനം ചെയ്യുന്ന ഒരുവന് ബ്രഹ്മജിജ്ഞാസപത്തേ ബ്രഹ്മത്തെ അറിയുന്നതിനുള്ള ആഗ്രഹം ഉണ്ടാവാം എങ്ങനെയാണെങ്കിൽ ചിത്തശുദ്ധിയുണ്ടെങ്കിൽ ബാക്കി എല്ലാ യോഗ്യതകളും മരും വൈരാഗി ഉൾപ്പെടെയുള്ള യോഗ്യതകളൊക്കെ വന്നിട്ട് എന്തെയ്യും ചിത്രചിത്തി ഉണ്ടെങ്കിൽ ഞാന് ബ്രഹ്മത്തെ അറിയാൻ ആഗ്രഹമുണ്ടാകും അപ്പോ ഈ ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യസിക്കുന്നത് ആ സന്യാസം എന്ന് പറയുന്നത് ഇന്നത്തെ ഈ സന്യാസം കൊണ്ട് അതിന് മനസ്സിലായ ഇന്ന് ബ്രഹ്മചര്യം എന്ന് പറയുന്ന ഒരു പരിപാടിയേ ഇല്ല പിന്നെ ബ്രഹ്മചര്യത്തിൽ അങ്ങനെ സന്യസിക്കും ബ്രഹ്മചര്യം എന്ന് പറഞ്ഞാൽ എന്താണ് വേദാധ്യനം ചെയ്യണം വേദാധ്യനം ബ്രഹ്മധ്യയനം ചെയ്യുന്നവൻ എന്നാണ് ബ്രഹ്മേദ തഥർത്ഥം വ്രതം അതിനു വേണ്ടിയിട്ടുള്ള വ്രതം അത് ചരിക്കുന്നവനാണ് ബ്രഹ്മചാരി വേദത്തെ അധ്യയനം ചെയ്യുന്നതിന് വേണ്ടിട്ട് വ്രതം അനുഷ്ഠിക്കുന്നവനാണ് എന്തു പറയുന്നത് ബ്രഹ്മചാരി അവിടെ ബ്രഹ്മെന്ന് പറഞ്ഞാൽ തന്നെ വേദമൊന്നാർത്ഥം അപ്പൊ ഇന്ന് പത്താം ക്ലാസ് വരെ പഠിച്ച വൃത്തം ബ്രഹ്മചാരിയാവും ഓ പത്താം ക്ലാസ് കഴിഞ്ഞ് പ്രിയ ഡിഗ്രിയും കഴിച്ച് ബിഇ കഴിഞ്ഞു ചോദിച്ചു അവ്രഹ്മചാരിയാകുന്നു അപ്പൊ ബ്രഹ്മചാരി ആകുന്നില്ല എന്തുകൊണ്ട് ഏ വേദത്തെ പഠിക്കുന്നില്ല വേദത്ത് പഠിച്ചാലേ ബ്രഹ്മചാരിയാവും ഇന്നത്തെ ശൂദ്രസ്വാമിമാരൊക്കെ പറയും വേദം എന്ന് വെച്ചു ബ്രഹ്മ ബ്രഹ്മോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രഹ്മചാരിന്റെ ബ്രഹ്മത്തിച്ചറിക്കുന്നു ബ്രഹ്മജ്ഞാനിന്ന് അതുമല്ല അർത്ഥം അതൊന്നുമല്ല അർത്ഥം ഇവിടെ പറയുന്ന എന്താണ് വേദം അധ്യയനം ചെയ്യുന്നവനാണ് കാരണം ഈ വാക്കുകളൊക്കെ എവിടുന്നു വന്നു നമ്മളാരെങ്കിലും കണ്ടുപിടിച്ചാണ് ഇതൊക്കെ വേദത്തിൽ നിന്ന് വന്നാണ് അപ്പൊ അതിന്റെ ശരിയായ അർത്ഥത്തെ എടുക്കണം ശരിയായ അർത്ഥത്തെ എടുക്കുമ്പോ വേദ അധ്യയനം ചെയ്യുന്നവനെ മാത്രമേ എന്ത് പറയാൻ പറ്റൂ ബ്രഹ്മചാരി എന്ന് പറയാൻ പറ്റൂ അല്ല ഇന്ന് പള്ളിക്കൂടത്തിൽ പോയി പഠിച്ചിട്ട് ആശ്രമത്തിൽ വന്നു കഴിഞ്ഞാൽ അവൻ ബ്രഹ്മചാരിയാകത്തില്ല അതൊരു തെറ്റിദ്ധാരണയാണ് ശരിയായ അർത്ഥം അനുസരിച്ച് ശരിയല്ല അതല്ല ഈ പറഞ്ഞു വരുന്നത് ബ്രഹ്മചാരിക്കും ബ്രഹ്മവിദ്യ ഉണ്ടാകാം പൂർവ്വജന്മത്തിൽ കർമ്മം ചെയ്തവന് ചിത്തശുദ്ധിയുണ്ടാകും പിന്നെ ഈ ബ്രഹ്മചാരി എന്ന് പറയുന്ന വേദാധ്യയനം ചെയ്യുന്നവൻ അവനും ബ്രഹ്മ ജിജ്ഞാസ എന്തുകൊണ്ടുണ്ടാകുന്നു കഴിഞ്ഞ ദിവസം പറഞ്ഞെന്തോണ്ട് അത് ഇപ്പൊ ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞ ദിവസം പറഞ്ഞെന്താണ് അതായത് അവൻ വേദാധ്യയനം ചെയ്യുമ്പോ അവൻ വേദത്തിൽ നിന്ന് ബ്രഹ്മത്തെ അറിയും ഒരു ബ്രഹ്മചാരിയാണെങ്കിൽ വേദാധ്യയനം ചെയ്യുമ്പോ എന്ത് വരുന്നു അവൻ ബ്രഹ്മത്തെ കുറിച്ച് അറിയും അപ്പൊ അവന് പൂർവ്വജന്മത്തിലെ കർമ്മം ചെയ്ത ചിത്തശുദ്ധിയുണ്ടെങ്കിൽ അവനപ്പൊ എന്തു ചെയ്യുന്നു സന്യസിക്കുന്നു എന്തിനുവേണ്ടി സന്യസിക്കുന്നു ബ്രഹ്മത്തിന്റെ അപരോക്ഷ സാക്ഷാത്കാരത്തിനേണ്ടി അവനെ കൂടുതൽ അറിയാൻ വേണ്ടി സന്യസിക്കുന്നു അപ്പൊ വൈരാഗ്യം ഉണ്ടാവുന്നു സന്യസിക്കുന്നു സന്യസിച്ചതിനു ശേഷം പിന്നെ അവൻ എന്ത് ചെയ്യുന്നു ശ്രോത്രിനും ബ്രഹ്മനിഷ്ഠനുമായ ഒരു ഗുരുവിനെ സമീപിച്ച് ബ്രഹ്മവിദ്യ പ്രത്യേകം അഭ്യസിക്കുന്നു ഇതാണ് പഴയ കർമ്മം അപ്പൊ ബ്രഹ്മചര്യത്തിൽ നിന്ന് ഒരാൾ സന്യസിക്കുന്നു എന്ന് പറയാൻ ഞാൻ അർത്ഥം ഒന്ന് വൻ ബ്രഹ്മചാരിയാകണം ഇത് മനസ്സിലാക്കി വെച്ചോളൂ ആ ബ്രഹ്മചാരി ആകണോ ജനവനാരാകണം അവൻ വേദം പഠിക്കണം അവൻ വേദം പഠിക്കണമെങ്കിൽ ആരാകണം ബ്രാഹ്മണനാകണം ബ്രാഹ്മണനായി ജനിച്ച് വേദം പഠിച്ച് അവന് വേദം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ ബ്രഹ്മത്തെക്കുറിച്ച് അറിയുന്നത് കൊണ്ട് ബ്രഹ്മജിജ്ഞാസ ഉണ്ടാവണമെന്നില്ല അവന് ചിത്തശുദ്ധി ഉണ്ടെങ്കിൽ എന്തുണ്ടാവും ബ്രഹ്മജിജ്ഞാസ ഉണ്ടാവും അങ്ങനെ ഉണ്ടാകുമ്പോൾ ഈ സംസാരമൊക്കെ അനിത്യമാണെന്നറിയുന്നത് അവൻ ഇതിനെ ഉപേക്ഷിക്കുന്നു ആ ഉപേക്ഷിക്കുന്നതാണ് സന്യാസം എന്ന് വെച്ചാ അവൻ ഉപേക്ഷിക്കാന്ന് വെച്ചാൽ സന്യാസത്തിടെ അവൻ എന്തിനാണ് ഉപേക്ഷിക്കുന്നത് ഗൃഹസ്ഥാശ്രമ ഗൃഹസ്ഥാശ്രമത്തെ ഉപേക്ഷിക്കുന്നു അപ്പൊ ഈ ഗ്രഹസ്ഥാശ്രമത്തെ ഉപേക്ഷിക്കുന്നതിനെയാണ് നമ്മൾ ഇന്ന് പറയുന്ന ബ്രഹ്മചര്യം എന്ന് പറയുന്നത് എന്നുവെച്ചാ സ്ത്രീ സംഘമില്ലാതെ ജീവിക്കുക അപ്പൊ അത് ഈ പറയുന്ന വൈദിക ബ്രാഹ്മണനെ സംബന്ധിച്ചിടത്തോളം ഗ്രഹസ്ഥാശ്രമം സ്വീകരിക്കാതിരിക്കട്ടവൻ സന്യാസിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം അവൻ എന്ത് ചെയ്യുന്നു ഗ്രഹസ്ഥാശ്രമമാണ് സന്യസിക്കുന്നത് പിന്നെ ഈ പറഞ്ഞല്ലോ മനോനിയന്ത്രണം പോലുള്ള കാര്യങ്ങളൊക്കെ ഈ മനോനിയന്ത്രണം പോലുള്ള കാര്യങ്ങൾ ബ്രഹ്മചാരിക്ക് വേണ്ടത് വേദ അധ്യയനം അവൻ പാലിക്കേണ്ട നിയമങ്ങളുടെ ഭാഗമായിട്ടാണ് അതെല്ലാം വേദാധ്യനത്തിന് വേണ്ടിയിട്ടുള്ളതാണ് ബ്രഹ്മചാരി ആയിരിക്കുമ്പോൾ അവന് സ്ത്രീ സംഘം പാടില്ല വേദാധ്യയനത്തിന്റെ ഭാഗമായി വരുന്നതാണ് മനവും നിയന്ത്രണവും ബാക്കി എന്തൊക്കെ പറയുന്നു അതല്ല ഇതാണ് ശരിക്കും ബ്രഹ്മചാരി സന്യാസം എന്നൊക്കെ പറയുന്നത് അല്ല ഇന്ന് എന്താണ് പത്താം ക്ലാസ് കഴിഞ്ഞിട്ട് ബ്രഹ്മവിദ്യാലയത്തിന്റെ പരസ്യം കൊണ്ടുവന്നും വിദ്യാലയത്തിൽ ബ്രഹ്മചാരി ആവില്ല അതിനെ കുറിച്ച് അല്ല പറയുന്നു അതൊക്കെ മനസിലായുള്ള ശരിക്കുള്ള അർത്ഥം ബ്രഹ്മം ചെയ്യും ഇന്നത്തെ പഠനവിഷേതാണെങ്കിൽ പിന്നെ അവിടെ വരുന്ന സന്യാസം വരുന്നത് നോക്ക് അന്ന് ഈ സന്യാസത്തിന്റെ കാര്യം പറയുന്ന എന്താണോ ബ്രഹ്മചര്യാവ പ്രഭൃചയതെന്നാണ് അപ്പൊ ബ്രഹ്മചേരിയുള്ള സന്യാസമുള്ളൂ നിങ്ങൾ പറയുന്നു അന്നത്തെ ബ്രഹ്മചര്യ ഇല്ലെങ്കിൽ എന്നാ ഇന്ന് സന്യാസം ഇല്ല ഈ കാണിച്ചു കൂട്ടുന്ന അബദ്ധങ്ങളാണ് അത് അംഗീകരിക്കുന്നു പിന്നെ വേണമെങ്കിൽ പറയാം അത് പറയാം ഞങ്ങള് കല്യാണം കഴിക്കാതെ ജീവിക്കുന്നു അത് പറയാം അങ്ങനെ പറയാം സ്വാമി എന്നൊന്നും പറയാൻ പറ്റില്ല പ്രവചനം പറയാൻ പറ്റില്ല ഞാൻ പറയും ഇന്നെല്ലാം അക്രമം എന്നാ ഞാനും പറയും ഞാനും അതില് പറയുന്നത് ഞാൻ പറയുന്ന പറയാം ോ ഉള്ള കാര്യം ഇവിടെ എഴുതി വെച്ചിരിക്കാൻ ഉള്ള കാര്യം ഇവിടെ എഴുതി വെച്ചിരിക്കുന്നതന്നെ ഞാൻ പറയുന്നത് ഇല്ലാത്ത കാര്യം എന്ത് പറയുന്ന ഇന്ന് പണ്ട് ആ ക്രമം ഉണ്ടായിരുന്നു വേദം അധ്യയനം ചെയ്തിരുന്നു ബ്രാഹ്മണനായ ജനിക്കുന്നു അവന് മാത്രമേ എന്തോളൂ പഠിക്കാൻ അവസരം ഇല്ലായിരുന്നു അവര് പഠിച്ചെങ്കിലും പറഞ്ഞെങ്കിൽ നടന്നില്ലല്ലോ ഒന്നും ഒന്നും നടന്നില്ല ഏത് രീതി നേരണമെങ്കിലും ആവശ്യമാണല്ലോ ഏഹ് മാത്രം അല്ല ബ്രഹ്മചര്യാദായവ പ്രഭ്രജയെന്ന് പറഞ്ഞില്ലേ അവനെ കുറിച്ച് പറയുന്നു ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യാസം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയുന്നത് ഇന്ന് കല്യാണം കഴിക്കാതെ ജീവിക്കുന്നതിനെ കുറിച്ച് അല്ല പറയുന്നു ഇന്ന് വിവാഹം കഴിക്കാതെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് യൂറോപ്പിലൊക്കെ അതൊരു പുതിയ ട്രെൻഡാണ് കാരണം കല്യാണം കഴിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ വളർത്തണം കുട്ടികളെ വളർത്തുക എന്ന് വെച്ചാൽ വലിയ ചെലവാണ് അതുകൊണ്ട് ഒരുപാട് പേര് വിവാഹമേ കഴിക്കുന്നില്ല കാരണം ആ ചെലവ് താങ്ങാൻ പറ്റത്തില്ല ജോലി ചെയ്ത് വരുമാനം കിട്ടത്തില്ല ഏഹ് സഭയിലെ അച്ഛന്മാർക്ക് വിവാഹം കഴിക്കാൻ പാടില്ല ഓരോരുത്തർക്കും അതെ അത് മാർത്തമ്മക്കാർക്ക് സാധാരണ അച്ഛന്മാർക്ക് വിവാഹം കഴിച്ച് ജീവിക്കാം കാത്തലിക്സ് അവർ വിവാഹം കഴിക്കുന്നില്ല അപ്പൊ അതൊക്കെ അതാത് സഭകളുടെ നിയമം അതെന്താ മനസ്സിലാക്കും ഓരോ സഭയ്ക്ക് ഓരോ നിയമമുണ്ട് ഇന്ന സഭയിൽ ഇതാണ് കാത്തലിക്സുകൾ അവര് വിവാഹം കഴിക്കാൻ പാടില്ല അച്ഛനായെന്ന് പറഞ്ഞാൽ അവർ വിവാഹം കഴിക്കാൻ ജീവിക്കുന്നു മറ്റുള്ളവർക്ക് വിവാഹം കഴിക്കാന്ന് പറയും പ്രയോജനം എന്തെന്ന് വെച്ചുകഴിഞ്ഞാൽ കാത്തലിക്സിന്റെ ഇടയില് വിവാഹം കഴിക്കാത്ത ഈ എന്താണ് അച്ഛന്മാര് ഒരുപാട് ലൈംഗിക അതിക്രമങ്ങളിൽ മറ്റും ഒരുപാട് അവരുടെ പേരിൽ യൂറോപ്പിൽ ഒരുപാട് കേസുകൾ വരികയും ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ ചില സഭകൾ മാറി ചിന്തിച്ചു അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം പണ്ട് നടരാജ ഗുരുവിനോട് നാരായണ ഗുരു പറഞ്ഞതായി പറയുന്നു എന്താണ് വിവാഹം തടയരുത് ഗുരുകുലത്തിൽ അപ്പൊ ഗുരുകുലത്തിൽ നിന്ന് ചേർന്നവർക്ക് ഇഷ്ടമുള്ളവർക്ക് വാഹം കഴിക്കാം എന്ന് പറഞ്ഞെന്ന് പറയുന്നു അതുപോലെ അതേ ആശയം തന്നെയാണ് ചില സഭക്കാർ പറഞ്ഞ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഈ വടക്കിനും കേസിനും ഈ ചീത്ത പേരിനൊന്നും പോകേണ്ട കാര്യമില്ല ഇഷ്ടമൊക്കെ വിവാഹം കഴിച്ചിട്ട് അച്ഛനൊന്നിട്ടാ പുരോഹിത വൃത്തിയാണ് പൌരോഹിത്യം ചെയ്യുകയാണ് പൌരോഹിത്യം ചെയ്യുന്നതിന് എന്തിനാ കല്യാണം കഴിക്കാതെ ജീവിക്കുന്നു അങ്ങനെ ജീവിക്കാം ഇനി ആർക്കെങ്കിലും കല്യാണം കഴിക്കാതെ ജീവിക്കണോ അങ്ങനെയും ജീവിക്കാന്ന് പറഞ്ഞ് ഞാനെന്താ ഞാനെന്താ മനസ്സിലാക്കാൻ പ്രയാസം ഏഹ് അല്ല സന്യാസം അങ്ങനെയാണല്ലോ എന്താ സംശയം സന്യാസത്തിലേക്ക് ഒരാൾക്ക് ഇഷ്ടം ഉണ്ടെങ്കിൽ അയാൾ വന്നാൽ മതി അല്ലെങ്കിൽ കല്യാണം കഴിച്ച് ജീവിക്കണം െന്താ കൊഴപ്പം അത് തന്നെ സ്വാമിമാർക്ക് തന്നെ ഒരാള് സ്വാമിയായി അയാൾക്ക് സൗകര്യം ഇല്ലെങ്കിൽ കല്യാണം കഴിച്ചു പോകിയായിരിക്കും അതങ്ങനെ രണ്ടും കൂടെ അങ്ങനെ ജീവിക്കുന്നവരുണ്ട് ചെല ചിലന്ത് ചെയ്യുന്നു ഗ്രഹസ്ഥ്രമത്തിരുന്നുണ്ട് തന്നെ കാവ്യവസ്ത്രമൊക്കെ ധരിച്ച് നമ്മുടെ കൂടെ ഒരു സ്വാമി വരുമായിരുന്നു അപ്പൊ അങ്ങനെ പലരും ഉണ്ട് ഗൃഹസ്ഥാശ്രമത്തിൽ തന്നെ ഒരു കാവ്യ വസ്ത്രമൊക്കെ പക്ഷെ അങ്ങനെ വരുമ്പോഴുള്ള പ്രശ്നം എന്തെന്ന് വെച്ചു അങ്ങനെ ഗൃഹസ്ഥാശ്രമത്തിൽ സന്യാസി സ്വന്തം വീട്ടിൽ ഇരിക്കണം ആശ്രമത്തിൽ ആശ്രമം എന്ന് പറയുമ്പോൾ സന്യാസിമാർ കൂട്ടിയിരിക്കുന്ന സ്ഥലമാണ് അവിടെ അത് സ്വന്തം വീട്ടിൽ അങ്ങനെ ഇരിക്കും കുഴപ്പമൊന്നും ഇല്ല സന്യാസിയായിട്ടും ഗൃഹസ്ഥാശ്രമമായിട്ടും ല്ലേ പറയുന്നു ഇപ്പൊ കാത്തലിക്സ് എന്ന് വെച്ചുകഴിഞ്ഞാൽ അവരുടെ നിയമം അനുസരിച്ച് അവിടെ സഭയിൽ ചേർന്നു കഴിഞ്ഞാൽ വിവാഹം കഴിക്കാൻ പാടില്ല മാർത്തുമ്മക്കാർക്ക് അങ്ങനെയല്ല അവർക്ക് വിവാഹം കഴിച്ചിട്ട് ഗ്രഹസ്ഥനായിട്ടിരിക്കാം പുര പൗരോഹിത്വം ചെയ്യാം ഇത് ആശ്രമം എന്ന് പറയുമ്പോന്താണ് ഒരു ഗ്രൂപ്പാണ് അത് വിവാഹം കഴിക്കാത്തവരുടെ ഗ്രൂപ്പാണ് അവിടെ ഇരുന്നിട്ട് വിവാഹം കഴിച്ചിരിക്കാൻ പറ്റത്തില്ല പഴയകാലത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേദ കാലഘട്ടത്തിലൊക്കെ എന്ന് വെച്ചുകഴിഞ്ഞാല് ഗുരുകുലങ്ങളാവും ആശ്രമമല്ല ഗുരുകുലം ഈ ഗുരുകുലങ്ങളിൽ ഒരാള് കുടുംബസമേതമായി താമസിക്കും അവർ ഈ വേദം ആൾക്കാരെ പഠിപ്പിക്കും അവിടെ വന്ന് ബ്രഹ്മചാരികൾ പഠിക്കും അങ്ങനെ അതിൽ ചില ഗുരുക്കന്മാർ അപൂർവം പേരൊക്കെ ചിലപ്പം ഭിക്കാതെയും ജീവിക്കും പക്ഷെ മിക്കവാറും പേര് എന്താണ് വിവാഹം കഴിച്ച് ജീവിക്കും അങ്ങനെ ഭാഗം കഴിച്ച് ജീവിക്കുന്ന ഗുരുകുലത്തിൽ നിന്ന് താമസിക്കുന്ന ചിലര് വികം കഴിക്കാനേയും ജീവിക്കും അങ്ങനെയും ആകാം കഴിച്ചും ജീവിക്കും അല്ലല്ല ഗ്രഹസ്ഥന്മാരെയല്ല ഗൃഹസ്ഥന്മാര് തന്നെയാണ് ഗുരുകുലത്തിൽ ഇരുന്നുകൊണ്ട് ഈ വേദം വേദം ഇങ്ങനെ ചൊല്ലി പഠിപ്പിക്കുകയും കർമ്മങ്ങൾ എങ്ങനെ ചെയ്യണമെന്ന് പഠിപ്പിക്കുകയും ചെയ്യുന്ന ആദിവാസികളുടെ പ്രാകൃതരായ മനുഷ്യരുടെ ജീവിത രീതി പറയുന്നു ഇന്ന് അതിന് ഇന്നതൊന്നും യാതൊരു തരത്തിലും ഒരു മാതൃകയായി സ്വീകരിക്കീതിയല്ല അന്ന് ഇതുപോലെ ഈ അന്നത്തെ ഈ ആദിവാസികളുടെ ഈ പാട്ടുകൾ ഇങ്ങനെ പാടി ആ പാട്ട് പാടി പഠിപ്പിക്കുക പാട്ട് പഠിക്കുന്ന കുറെ ആൾക്കാർ അങ്ങനെ അവിടെ ഒരുമിച്ച് താമസിച്ചിരുന്നു അവരെ പഠിപ്പിച്ചിരുന്നു എന്റെ ഒക്കെ കുട്ടിക്ക നാട്ടിന് പുറത്തൊക്കെ കമ്പടി കളി മറ്റേ കളിന്നൊക്കെ പറഞ്ഞു ഇതൊക്കെ ഇതുപോലെ ആശാമന്മാര് പഠിപ്പിച്ചിരുന്നു ഈ ഭദ്രകാളിപ്പാട്ട് ഇതൊക്കെ ആ ഇതൊക്കെ ഇങ്ങനെയുള്ള കളികളൊക്കെ ആശാന്മാർ വീട്ടിൽ താമസിപ്പിച്ചൊക്കെ പണ്ട് പഠിപ്പി അടുത്ത കാലം വരെയൊക്കെ പഠിപ്പിച്ചിരുന്നു അതന്നെ അതൊക്കെ ഞങ്ങളുടെ നാട്ടിലുണ്ടായിരുന്നു ഞാൻ എന്നൊക്കെ പറയും അപ്പോ അതുപോലെ ഓരോ വിദ്യകളെ നാട്ടിൽ വീട്ടിൽ താമസിച്ച് വൈദ്യം പഠിച്ചിരുന്നു അങ്ങനെയൊക്കെ പഠിച്ചിരുന്നു അപ്പോ അതുപോലെ പഠിച്ചിരുന്നു ആ ജീവിത രീതി പറഞ്ഞിട്ട് കാര്യമില്ല ബ്രഹ്മചര്യത്തിൽ നിന്ന് സന്യസിക്കുക പറയുന്നത് പണ്ട് പറഞ്ഞിരിക്കുന്ന ശരിയായ അതെന്താണെന്നാണ് ഇവിടെ പറയുന്നത് ഇന്ന് നടക്കുന്ന കാര്യമില്ല വേദാധ്യയനം ചെയ്യുന്നവൻ അവിടെ നിന്ന് ബ്രഹ്മചര്യദേവ അവന് ഗൃഹസ്ഥാശ്രമി ഉപേക്ഷിക്കുന്നതാണ് അവന്റെ സന്യാസം ഗൃഹസ്ഥാശ്രമത്തെ ഉപേക്ഷിച്ച എല്ലാ കർമ്മങ്ങളും പിന്നെ അവനൊരു പണിയേ ഉള്ളൂ എന്താണോ വേദാന്ത വിചാരം ചെയ്യുക സന്യാസം അന്ന് ഇതുപോലെ മഠങ്ങള് ആശ്രമം മഠാധിപതി ജനറൽ സെക്രട്ടറി പ്രസിഡന്റ് ഖജാൻജി ഇങ്ങനെയുള്ള പതിവുകളൊന്നും വന്നില്ല സന്യാസിക്ക് ഇതൊക്കെ ആധുനിക കാലത്ത് ഇതിൽ വന്ന കാര്യങ്ങളൊക്കെയാണ് ട്രസ്റ്റ് മെമ്പർ ബോർഡ് ഇങ്ങനെയുള്ള കാര്യങ്ങളും പണ്ട് സന്യാസത്തിൽ ഇല്ല ഇന്ന് നമുക്കതൊന്നും പറഞ്ഞാൽ മനസ്സിലാക്കില്ല അവര് ശ്രവണം മനനം ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അങ്ങനെ അവർ ജീവിക്കുന്നു ഭിക്ഷയെടുത്ത് ജീവിക്കുന്നു ആ സന്യാസിയെക്കുറിച്ച് അവിടെ പറയുന്നു ഈ ശങ്കരമഠങ്ങൾ പോലും ഈ പറയുന്ന ശങ്കരായർ പറഞ്ഞ അനുസരിച്ച് ഉള്ള എല്ലാ ആരോ പിൽക്കാലത്ത് ഏർപ്പെടുത്തിയ ഏർപ്പാടുകളാണ് അതൊക്കെ ശങ്കരായർ പറയുന്നിടത്ത് അതൊന്നുമില്ല ഇതുപോലെ ബ്രഹ്മചരിയത്തിൽ നിന്ന് സഞ്ചരിച്ച ഭിക്ഷയെടുത്ത് ജീവിക്കുന്നു ഓരോടത്തും മഠാധിപതിയൊന്നും അത് മഠം സ്ഥാപിക്കുന്നു ഇങ്ങനെയുള്ള കാലഘട്ടങ്ങളില് ഇത്തരത്തിലുള്ള ഒരു തലം ആരും അംഗീകരിക്കും ഏതരത്തിലുള്ള ഇപ്പൊ ഈ ചിന്ത ചിന്തയെന്ന് വെച്ചാൽ ചിന്ത രീതി സന്യാസം എന്ന് പറയുന്നത് സന്യാസം എന്ന് പറയുന്നത് ഏത് കാലത്തും കാണും നിധി പറയുന്ന പോലെയൊന്നും ആയിരിക്കും മനുഷ്യർ ഇപ്പോൾ വിവാഹം കഴിക്കാതെ ഒറ്റയ്ക്ക് ജീവിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ സ്ത്രീ ബന്ധമില്ലാതെ ജീവിക്കാൻ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഏത് കാലത്തും കാണും അവരങ്ങനെ ജീവിക്കും പക്ഷെ ഇതുപോലെയുള്ള രീതിയിലൊന്നും ആയിരിക്കില്ലെന്നുള്ളത് ഈ പറയുന്ന പുസ്തകങ്ങളിൽ പറയുന്ന രീതിയിലൊന്നും ആയിരിക്കത്തില്ല ഭാവിയിൽ സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ കുടുംബജീവിതം ആഗ്രഹിക്കാത്ത ആണുങ്ങളും പെണ്ണുങ്ങളും അവര് എന്തെങ്കിലും ജോലി ചെയ്ത് കാശുണ്ടാക്കി അവര് സ്വതന്ത്രമായി ജീവിക്കും ഇന്നും അങ്ങനെ ഒരുപാട് നടക്കുന്നുണ്ട് ഇപ്പോൾ ധാരാളം പേരങ്ങനെ ജീവിക്കുന്നുണ്ട് പക്ഷെ അവര് ജീവിക്കുന്നതിനും മറ്റാരെ ആശ്രയിക്കത്തില്ല സ്വന്തമായി ജോലി ചെയ്ത് കാശുണ്ടാക്കി അങ്ങനെ ജീവിക്കും അങ്ങനെ ഒരു സംവിധാനത്തില് എപ്പോഴും കാണും സന്യാസം അങ്ങനെ താല്പര്യമുള്ളവരും എപ്പോഴും കാണും ഈ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നതായിട്ടൊന്നും ഇന്നും ബന്ധമില്ല ഏതോ ഒരു കാലത്ത് ഇങ്ങനെ എന്തൊക്കെ കുറച്ച് നടന്നു എന്നുള്ളതേയുള്ളൂ ഈ ഇന്നത്തെ സന്യാസമായിട്ട് ഈ പുസ്തകത്തി എഴുതിയിരിക്കുന്നതായിട്ട് യാതൊരു ബന്ധമില്ല പിന്നെ ഇതിങ്ങനെയൊക്കെയാണെന്ന് ഇതിന്റെ ഹിസ്റ്ററി നമുക്ക് പഠിക്കാൻ വേണ്ടി ഇതൊക്കെ പഠിക്കുന്നു മനസ്സിലാകും ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ രീതിയിൽ എന്ന് നമ്മൾ മനസ്സിലാകുന്നു സമയോ ആ നടത്തിക്കു നടത്തി അതൊന്നും മുളക്കരണ്ട്